അവർ നിങ്ങൾക്കുമേൽ വിജയിച്ചാൽ അവർ നിങ്ങളോട് യാതൊരു കുടുംബബന്ധമോ കരാറോ പാലിക്കില്ലെന്നിരിക്കെ ഇതെങ്ങനെ സാധ്യമാകും അവർ തങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്തും എന്നാൽ അവരുടെ ഹൃദയങ്ങൾ അതിനു വിസമ്മതിക്കും അവരിൽ ഭൂരിഭാഗവും ധിക്കാരികളുമാണ്